അള്ളാഹു സുബാനുഹൂവത്തായാലാ വിനയല്ലാതെ അവർ വിളിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുത് അങ്ങനെയായാൽ അവർ അറിവില്ലാതെ ശത്രുതയോടെ അള്ളാഹുസുബാനുഹൂവത്തായാല വിനെ ചീത്ത പറയുകയേ ചെയ്യൂ ഇപ്രകാരം ഓരോ സമുദായത്തിൻറെയും കർമ്മങ്ങളെ അവർക്ക് ഭംഗിയുള്ളതായി നാം തോന്നിപ്പിച്ചു പിന്നീട് അവരുടെ മടക്കം അവരുടെ രക്ഷിതാവിങ്കിലേക്കാണ് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവനവരെ അറിയിക്കുന്നതാണ്